മഹത്വം ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങൾ എത്രമാത്രം കത്താവ് നമ്മളെ സ്നേഹിക്കുന്നു കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കൊടുത്ത വില കുരിശിനപ്പുറത്തേക്ക് കുരിശിനു മുമ്പിൽ നമ്മെപ്പോലെ ഒരു മനുഷ്യനായി മുപ്പത്തിമൂന്നര വർഷം എല്ലാ പാപ സാഹചര്യങ്ങളെയും നേരിട്ട് നമുക്കൊരു മുന്നോടിയാകുവാൻ തൻ താൻ എത്രമാത്രം നമ്മളെ സ്നേഹിച്ചു എന്ന് ഈ കാലങ്ങളിൽ ദൈവം നമ്മളെ കൂടുതലായിട്ട് പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ഞാനിങ്ങനെ ഓർക്കുകയാണ് അന്ന് കത്താവിൻ്റെ കൂടെ ജീവിച്ച പന്ത്രണ്ട് ശിഷ്യന്മാർ അവർക്ക് ഈ കാര്യങ്ങളെപ്പറ്റി പെന്തക്കുസ്ത ദിവസം വരെയും കത്താവിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം പരിശുദ്ധാത്മാവതങ്ങളിലേക്ക് വരുന്നിടം വരെയും തങ്ങൾ വളരെ ലളിതമായ സാഹചര്യങ്ങളെന്നും കർത്താവ് അവരെ പിടിച്ചുകൊണ്ടുവന്നു മൂന്നര വർഷം അവരെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു പക്ഷെ ഇന്ന് നമ്മൾ കേട്ടതുപോലെ കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശമോ കർത്താവ് അവരെ എത്രമാത്രം സ്നേഹിച്ചെന്നോ കർത്താവ് അവരെ എത്രമാത്രം അവർക്ക് വേണ്ടി കൊടുക്കുന്ന വിലയെപ്പറ്റിയൊന്നും ഈ ശിഷ്യന്മാരിൽ പ്രത്യേകിച്ച് പത്ത് പോലും ചില സമയത്ത് നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹം തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുമ്പോഴും ഈ നിലയിലൊരു കാഴ്ച പഴയ നാം കേട്ടത് പോലെ കർത്താവിൻ്റെ യഥാർത്ഥമായ സ്നേഹത്തിൻ്റെ ആചങ്ങളൊന്നും ആ നിലയിൽ അവർക്ക് മനസ്സിലായി മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് പരിശുദ്ധാത്മാവ് ആ നിലയിൽ അവളുടെ മേൽ വന്നപ്പോൾ ആണ് അവരുടെ ജീവിതം ഇന്ന് നാം കേട്ടതാണ് ഈ ഒരു വചനത്തിൻ്റെ ആചത്തിലേക്ക് അവർ വന്നത് അപ്പം ഞാൻ വിചാരിക്കാം നമ്മൾ ഒട്ടും ഭാഗ്യം കുറഞ്ഞവരല്ല നമ്മളൊക്കെ ഓർക്കാം കൂടെ ജീവിച്ച ആ മൂന്നര വർഷക്കാലം ജീവിച്ച ആ ശിഷ്യന്മാർ എത്രയോ എത്രയോ വലിയ ഭാഗ്യശാലികളാണ് പക്ഷേ അവരെ ഇന്നും കത്താവിൻ്റെ കൂടെ ജീവിക്കുവാനുള്ള വലിയൊരു വിളിയാണ് നമുക്കൊരോരുത്തർക്കും എത്ര വ്യക്തതയോടെ നമുക്കുള്ളതെല്ലാം കത്താവ് തന്നെ പരിശുദ്ധാർമാവിലൂടെ ഈ പ്രിയപ്പെട്ടവരിലൂടെ തന്നെ നമുക്ക് തന്നു എന്നുള്ളതിനോട്ട് ഞാൻ ദൈവത്തെ സ്വതം ചെയ്യുന്നു ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പത്ത് ദിവസം ഈ ഗൗരവമില്ലായിരുന്നു എന്ന് പറയാൻ കാര്യം മത്തായിയുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ അവസാനവും ഇരുപതാം അധ്യായവും ഒക്കെ നമുക്ക് ഈ ശിഷ്യന്മാരുടെ ജീവിതമായിട്ട് കഥാപിത്രമാത്രം ഇവർക്ക് വേണ്ടി ഇവരെ സ്നേഹിച്ച് ഇവർക്ക് വേണ്ടി അടയാളങ്ങളും അത്ഭുതങ്ങളുമൊക്കെ ചെയ്ത് അവരുടെ വിശ്വാസത്തെ പിതാവിലേക്ക് തിരിച്ച് പിതാവിനെ അവർക്ക് വെളിപ്പെടുത്തിക്കൊടുത്ത് ഇങ്ങനെയൊക്കെ ആയിട്ടും പത്രോസ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ഇരുപത്തഞ്ചാം വാക്യം പത്രോസ് അവനോട് ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു അനു അനുഗമിച്ചുവല്ലോ ഞങ്ങൾക്ക് എന്ത് കിട്ടും ഞങ്ങൾക്ക് എന്ത് കിട്ടും വളരെ സ്ട്രെയിറ്റാണ് അപ്പോൾ എത്ര ദിവസം മറച്ചു വയ്ക്കുന്ന എന്താണ് എന്താണ് നമ്മൾ ഈ കേട്ടതുപോലെ ദൈവം ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ചെയ്ത അല്ലെങ്കിൽ എത്രമാത്രം വിലയേറിയൊരു വിളിയാണ് തങ്ങൾക്ക് ലഭിച്ചതെന്നുള്ള തിരിച്ചറിവില്ലാതെ അല്ലെങ്കിൽ ഇന്ന് കേട്ടതുപോലെ കഥാവിൻ്റെ യാജത്തിലുള്ള സ്നേഹത്തിൻ്റെ പ്രവൃത്തിയെ കാണാതെ പോയത് പത്രോസ പോസ്തുങ്ങനെ ചോദ്യം ഉണ്ടായത് കാരണം അതുവരെ പഠിച്ച് ധർമാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ കാരണം കത്താവ് മഹത്വോൽക്കരിക്കപ്പെട്ടിരുന്നില്ല എന്ന പത്രത്തിൽ നമുക്ക് കാണുന്നു ഇവിടെ യഥാർത്ഥത്തിൽ കത്താവിൻ്റെ ജീവിതത്തിലൊരു പരീക്ഷ കൂടെയാണിത് മീൻ പിടിച്ച് നടന്ന പത്രദോസിനെ നിത്യത വരെയുള്ള ഒരു വിശേഷ്ടമായ വിളിയിലേക്ക് വിളിച്ചപ്പോൾ നമുക്കിനെ എങ്ങനെ ഉപമിക്കാം സകല ലോകവും ലോകവും വാഴുന്ന ഒരു മാനുഷിക രാജാവ് തെരുവിൽ നിന്നൊരു അനാഥനെ തൻ്റെ അനന്തരാവകാശിയായി വിളിച്ചുകൊണ്ടുവന്ന് ഇന്നിരിക്കട്ടെ അവനെ കൊട്ടാരത്തിൽ പാർപ്പിക്കുമ്പോൾ അവൻ പറയുകയാണ് രാജാവിനോട് ചോദിക്കുന്നു ഞാൻ നീ വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നില്ലേ എന്താണ് എനിക്കുള്ളത് എന്ന് ചോദിക്കുന്നത് പോലെ രാജാവാണെ എന്ത് പറയും രാജാവിണെ പറയും അട്ടയെ പിടിച്ചും മെത്തേക്കിടത്തേക്ക് കിടക്കുമോ അപ്പോൾ അല്ലേ ഒളിച്ചു കളയും പക്ഷേ നോക്കി ഇവിടെ കർത്താവ് താനീ ശ്രേഷ്ഠമായ വിളിയിലേക്ക് വിളിച്ച ഈ പാവപ്പെട്ട സഹോദരന്മാരെ എത്രമാത്രം സ്നേഹിച്ചു അവിടെ കത്താവ് അവിടെ ഉത്തരം കൊടുക്കുന്നുണ്ട് അവിടെ ഇതാണ് ഇരുപത്തൊമ്പതാമത്തെ വാക്യം നമ്മൾ വായിക്കാം ആദ്യം ഇരുപത്തെട്ടില് കത്താവ് അവർ നിത്യതയിൽ കത്താവ് വീണ്ടും വരവ് ബന്ധത്തിൽ അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു മൂന്നായിട്ട് തിരിച്ച് നമുക്കതിനെ കാണാം യേശു മറുപടി പറഞ്ഞത് എന്നെ നിങ്ങൾ പുനർജനത്തിൽ മനുഷ്യബുദ്ധൻ തന്നെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിലിരിക്കുമ്പോൾ നിങ്ങളും പന്ത്രണ്ട് സിംഹാസനത്തിലിരുന്ന് ഇസ്രയേൽ ഗോത്രം പന്ത്രണ്ടിന് ന്യായവിധിക്കും എന്ന് സത്യമായിട്ട് നിങ്ങൾ പറഞ്ഞു അതും അവർ വേണ്ട വിധമൊന്നും ഗ്രഹിച്ച് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടാമത് പറഞ്ഞു നോക്ക് അവിടെ വളരെ ലളിതമായിട്ട് എൻ്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ അപ്പനെയോ അമ്മയോ മക്കളെയോ നിലങ്ങളെയോ വിട്ട് കളഞ്ഞവൻ എല്ലാം നൂറുമടങ്ങ് ലഭിക്കും അവൻ നിത്യജീവനേയും അവകാശമാകും മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് ഈ ലോകത്തിൽ വെച്ച് തന്നെ ഒന്ന് നിത്യത്തിൽ വരാൻ കഥാവിൻ്റെ ഒരു വീണ്ടും വരവിനോട് ബന്ധപ്പെട്ടൊരു കാര്യം രണ്ട് ഈ ലോകത്തിൽ വെച്ച് അവർക്ക് ലഭിക്കുന്നൊരു കാര്യം അതെന്താണ് ആശ്ചര്യമായി നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സഭയെന്ന ഈ വലിയ ഒരു ഒരു ഒരു കാര്യമാണ് കത്താവ് പറഞ്ഞത് നൂറുകണക്കിന് സഹോദരന്മാർ നൂറുകണക്കിന് അമ്മമാർ മക്കൾ പ്രിയപ്പെട്ടവരെ നാം ഈ ഭാഗ്യാവസ്ഥയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് പക്ഷേ അതേ തുടർന്നൊരു കാര്യം പറയുന്നു നിത്യജീവനേയും നമുക്ക് മൂന്നാമത്തെ കാര്യം അപ്പം ഈ എല്ലാ തലങ്ങളിലും ശ്രേഷ്ഠമായ ഈ വിളി എവിടാണ് കർത്താവ് ഇത് പറയേണ്ടി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന വിളി അതിൻ്റെ പിമ്പിൽ ഇന്ന് നമ്മൾ കേട്ടതുപോലുള്ള ദൈവസ്നേഹത്തെപ്പറ്റി കാഴ്ച നമുക്കൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മളും ലോകത്തിൽ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം കത്താവേ ഞാൻ വലിയ വില കൊടുത്തിറങ്ങിയത് എൻ്റെ വീട്ടിൽ നാൽപ്പത് വർഷം മുമ്പ് ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങിയതാണ് നമുക്കിങ്ങനെയൊക്കെയുള്ള ഒത്തിരി അവകാശബോധങ്ങളുണ്ട് ഒത്തിരി അവകാശബോധങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മളെ കൂടെ മുൻകരുതിയാണ് പരിശുദ്ധാൽമാവത്ത ആകെ കത്താവ് കൂടുതലായിട്ട് അതിനെ വിശദീകരിക്കുന്ന ഒരു ഉപമയിലൂടെയാണ് കാരണം മുപ്പതാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുൻപന്മാരുമാകും നമുക്ക് എത്ര ദുഃഖകരമായൊരു കാര്യമാണ് അതായത് വീടുകളും സഹോദരന്മാരും സഹോദരിമാരെയും അപ്പനെയും അമ്മയും ഒക്കെ വിട്ട് ഇറങ്ങി തിരിച്ചാലും നിപിമ്പനായി പോകുവാനായിട്ടൊരു സാധ്യതയുണ്ട് എപ്പോഴാ എപ്പോഴാ ഈ ദൈവസ്നേഹത്തെക്കുറിച്ച് ഇന്ന് നാം കേട്ട അളവിൽ നാം അത് പിടി ആ സ്നേഹത്താൽ പിടിക്കപ്പെട്ടില്ലെങ്കിൽ നം നാം ചെയ്ത ശ്രേഷ്ഠകരമായൊരു കാര്യമായിട്ട് ഈ കാര്യങ്ങൾ എടുക്കും പലപ്പോഴും നമ്മൾ ഈ ഈ നാടുകളിൽ നമുക്ക് കിട്ടുന്ന വചനത്തിൻ്റെയും നമുക്ക് കിട്ടുന്ന വെളി വെളിച്ചത്തിനെയുമൊക്കെ അത്രമാത്രം സമ്പന്നത നമുക്കുള്ളപ്പോഴും ഈ ഒരു ബലം ഈയൊരു ഉള്ളിലൊരു ഒരവകാശം സൂക്ഷിക്കുന്നവരാണോ എന്നൊരു അപകടത്തെപ്പറ്റിയാണ് നമുക്ക് മുന്നറിയിപ്പ് നോ നൽകുമ്പോൾ താൻ ഇരുപതാം അധ്യായത്തിലൊരു ഉപമയിലൂടെയാണ് ആ കാര്യങ്ങൾ ലളിതമായിട്ട് കർത്താവ് പറഞ്ഞ് തരുന്നത് കാരണം ഇവിടെ കർത്താവ് പറയുന്നൊരു മനോഭാവത്തെക്കുറിച്ചാണ് എങ്കിലും മുൻപന്മാർ പല്ലും പിമ്പന്മാരും ഇവരൊക്കെ വില ഇവരൊക്കെ ഭവനങ്ങളെ ഉപേക്ഷിച്ച് വന്നവരാണ് ഇവരൊക്കെ ഒത്തിരി ത്യാഗം സഹിച്ചവരാണ് പക്ഷേ മകനെ മകളെ നീ ഒരു പിൻപനായി പോകാനുള്ള സാധ്യതയുണ്ട് നീ വേണ്ട വിധം അത് വിടാഞ്ഞിട്ടല്ല പക്ഷേ എൻ്റെ സ്നേഹത്തെക്കുറിച്ചത് നിനക്ക് കാഴ്ച മങ്ങിപ്പോയാൽ നീ എന്നിൽ നിന്നും കണ്ണു മാറ്റി നിനിലേക്ക് നീ ശ്രദ്ധ തിരിച്ചാൽ നിൻ്റെ നന്മയിലേക്ക് നീ ശ്രദ്ധ തിരിച്ചാൽ നീ ഒരു പിൻപനായി പോകാൻ സാധ്യതയുണ്ട് നിനക്ക് നീ നരകത്തിൽ പോകുന്നതും പറഞ്ഞല്ല അവിടെ കത്താവ ആ പറഞ്ഞ ഉപമയിൽ നമുക്ക് നോക്കാം ആ ഉപമ വളരെ വേഗത്തിൽ നമുക്ക് നോക്കാം സ്വഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടേമണ് സദൃ്യം വേലക്കാരോട് അവൻ ദിവസത്തേക്ക് ഓരോ വെള്ളിക്കാശ് പറഞ്ഞൊത്തിട്ട് അവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് മൂന്നാം മണി നേരത്തും പുറപ്പെട്ട് മറ്റു ചിലർ ചന്തയിൽ മിനക്കെട്ട് നിൽക്കുന്നത് കണ്ടു നിങ്ങളും മുന്തിരിത്തോട്ടത്തിൽ പോകുവിൻ ന്യായമായി തരാമെന്ന് അവരോട് പറഞ്ഞു അവർ പോയി അവർ ആറാം മണി നേരത്തും ഒമ്പ ഒൻപതാം മണി നേരത്തും ചെന്ന് അങ്ങനെ തന്നെ ചെയ്തു പതിനൊന്നാം മണി നേരത്തും ചെന്ന് മറ്റ് ചിലർ നിൽക്കുന്നത് കണ്ടിട്ട് നിങ്ങളിവിടെ പകൽ മുഴുവൻ മിനക്കെട്ട് നിൽക്കുന്നത് എന്തെന്ന് ചോദിച്ചു ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കായ കൊണ്ടത്രേ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ എന്ന് അവരോട് പറഞ്ഞു ഞാനവിടെ നിർത്തുകയാണ് അവിടെ ഈ മൂന്ന് മൂന്നല്ല ശരിക്കും യഥാർത്ഥ ആറ് കൂട്ടങ്ങളെ നാം കണ്ടു ഇതെല്ലാം ജോലിക്കാരെ തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്കാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് കാലേ കൂട്ടി എഴുന്നേറ്റ് അവരെ അന്വേഷിച്ച് പോയവരെ യജമാനിനെ പറ്റിയായിരുന്നു കേട്ടത് അവരാരും പണി ചോദിച്ചു വന്നവരല്ല അവരൊക്കെ തെരുവിൽ പല സ്ഥലങ്ങളിലായിട്ട് നിലയുറപ്പിച്ചവരാ അവർ പോയപ്പോൾ നിങ്ങൾക്ക് ആദ്യം കാണുന്നത് തയ്യാറുള്ള ഒരു കൂട്ടർ ഇന്ന് ആരെയും എന്നെ വിളിക്കും വിളിക്കണം തങ്ങൾ സജ്ജനാണ് തങ്ങൾ ആദ്യത്തെ കൂട്ടർ എന്താണ് അവർ കണ്ടു അവർക്കെന്താണ് അവർക്കെന്താണ് ലക്ഷ്യം ഒരു ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യവസ്ഥയിൽ നമുക്ക് ഒരു വെള്ളിക്കാശ് പറഞ്ഞൊത്തു ഉഭയസമ്മതമായി രണ്ടുപേരും നിനക്കുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് നിനക്കുള്ള വാഗ്ദങ്ങൾ ഇതൊക്കെയുണ്ട് ഇതെല്ലാം കണ്ട് ബോധ്യപ്പെട്ട് നമ്മൾ ചിലപ്പോൾ പറയലേ ഞാൻ ചിലപ്പോൾ മുതലൊരു സത്യാന്വേഷിയായിരുന്നു ഞാൻ ഇങ്ങനെ അന്വേഷിച്ചു അന്വേഷിച്ചു അന്വേഷിച്ച് ഇവിടെ സി യു സി വന്ന് ചാടി നമ്മുടെ ഒരു യോഗ്യത പോലെയാണ് നമ്മൾ ചെറുപ്പത്തിൽ ഒത്തിരി നന്മയുള്ള പള്ളിയിലും അവൻ്റെ അച്ഛൻ്റെ കൂടെയുള്ള പറയാ ഒരു പേരുണ്ടല്ലോ നമ്മൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ ചെയ്തിട്ടുള്ള അങ്ങനെയൊക്കെയായിരുന്നു വളരെ വിശുദ്ധരായിരക്കെ ജീവിച്ചു പിന്നെ അതുകൊണ്ട് കർത്താവ് കറവ്യാർ എന്നെ കൊണ്ടുവന്നു ഇതിനകത്തെല്ലാം ഒരു ശ്രേഷ്ഠത ഇതിപ്പോൾ ഉണ്ട് നമ്മുടെ തന്നെ ഒരു ശ്രേഷ്ഠതയിൽ അടിസ്ഥാനപ്പെട്ട് ഒരു ഉഭയസമ്മതപ്പെട്ട കർത്താവിൻ്റെ പ്രതിഫലവും ഒക്കെ കണ്ട് നമുക്ക് യജമാനനെയല്ല അവിടെ കാണുന്നത് യജമാനൻ്റെ കയ്യിലെ പ്രതിഫലത്തെയാണ് അവിടെ ആ മനുഷ്യൻ കാണുന്നത് ആ ആ കൂട്ടം കാണുന്നത് പക്ഷേ രണ്ടാമത് കൂട്ടത്തെ പറ്റി നോക്കാം മൂന്നാം മണി നേരത്ത് പുറപ്പെട്ടപ്പോൾ ചിലർ ചന്തയിൽ മിനക്കെട്ട് നിൽക്കുന്നുണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നും വിളിച്ചാൽ പോവാം പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഇല്ലാത്തൊരു കൂട്ടമാണ് അവരോട് എന്താണ് യജമാൻ പറഞ്ഞത് നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് പോകുവിൻ ന്യായമായി തരാമെന്ന് പറഞ്ഞു ഓർ പോയി ഞാനിങ്ങനെ ചിന്തിക്കാം സാധാരണ ഈ അരമണിക്കൂർ താമസിച്ച് പണിക്കാർ വന്നാൽ നമ്മളത് ടോളറേറ്റ് ചെയ്യല്ല എന്താണ് താമസിച്ചത് ഇനി നാളെ ആവർത്തിക്കുന്നത് കേട്ടോ എന്ന് പറയുന്ന യജമാനെ അല്ലല്ലോ അവിടെയും നോക്കുക മുന്തിരിത്തോട്ടത്തിലെ യജമാനന് തൻ്റെ മുന്തിരി തോട്ടത്തെ പോലെ തന്നെ അല്ലെങ്കിൽ ആ തോട്ടത്തിൽ തൻ വിളിച്ചു ചേർക്കുന്നവർക്കായി ഒരു കരുതലുള്ള യജമാനാണ് അവിടെ യജമാനെ അവർക്ക് പറഞ്ഞൊന്നും എത്തില്ല ഓരോ വെള്ളിക്കാശൊന്നും പറഞ്ഞില്ല എന്നാ പറഞ്ഞത് ന്യായമായ തരാം ന്യായമായ തരാം അപ്പം ഈ മെനക്കെട്ട് നിന്ന് അല്ലെങ്കിൽ അലശരായ ഈ കൂട്ടം ഈ അവർക്ക് എന്താ അവരെന്താ അവരെന്നാരെയാണ് കണ്ടത് അവർ പ്രതിഫലത്തിനൊന്നും ഡിമാൻഡ് വെച്ചില്ല എത്ര തരും മൂന്ന് ഞങ്ങൾ ഞങ്ങൾക്കറിയാം മൂന്ന് മണിക്കൂർ ലേറ്റാ എന്നാ തരും ആ കഥാവേ ന്യായമായി തരാം യജമാനിലേക്ക് കൂടുതൽ യജമാനെ കണ്ടു വിശ്വസിച്ചു യജമാനൻ്റെ ആ വിളി സ്വീകരിച്ചു പോകുന്നവർ നമുക്ക് അല്പം കൂടെ അല്പം കൂടെ വെളിച്ചം അവർക്ക് പ്രതിഫലത്തെപ്പറ്റി അവർക്കൊരു ബോധ്യമില്ല പക്ഷേ യജമാനനെ അവർക്ക് വിശ്വാസമാണ് നോക്കി അവിടെ ആറാം മണി നേരത്തും ഒമ്പതാം മണി നേരത്തും ചെന്ന് അങ്ങനെ തന്നെ ചെയ്തു ഈ യജമാനൊരു വല്ലാത്ത യജമാനാണ് ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ യജമാനം വരെ കിട്ടില്ല ആറാം മണിക്കൂർ പകുതിയെ പകുതി തച്ച് അരപ്പണിക്കായിട്ട് ആളെ പോവുക കൊണ്ടുപോവുക ജീവിതത്തിൻ്റെ നല്ലൊരു ശതമാനവും വേസ്റ്റാക്കി കളഞ്ഞ മിനക്കെട്ട് നിന്ന് ചന്തയിലായിരുന്ന ചിരജനത്തെ കഥാവ് കണ്ടു വിളിക്കുക അവരും അവരോടൊന്നും ഒരു കണ്ടീഷനുമില്ല ഒന്നും പറഞ്ഞില്ല ന്യായമായ തരാമെന്ന് പോലും പറഞ്ഞില്ല അങ്ങനെ തന്നെ ചെയ്തു വിളിച്ചു അവർ വന്നു നമുക്ക് അവിടെയും ഈ അരപ്പണിക്കായിട്ട് ഒരുപം വന്ന് വിളിക്കുമ്പം ഇറങ്ങി വരണമെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ താഴ്മയുണ്ടാവണം അതൊരു ആവശ്യ ബോധം ഞാനിങ്ങനെ നിൽക്കുന്നത് ശരിയല്ല എൻ്റെ ജീവിതം ശരിയല്ല എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണം നമുക്ക് അവിടെ അവിടെ യജമാൻ വിളിക്കാനായിട്ട് യജമാൻ വീണ്ടും നമുക്ക് ഒരു യജമാനിൻ്റെ മെനക്കാട് നോക്കിയേ കൃഷിസ്ഥലത്ത് നിന്ന് മൂന്നാം മണിക്കൂർ വരണം ആറാം മണിക്കൂർ വരണം ഒമ്പതാം മണിക്കൂർ വരണം പന്ത്രണ്ടാം മണിക്കൂർ വരണം യജമാൻ തേടി ചന്തേ വരിക ആരും യജമാനെ അന്വേഷിച്ച് പോയതല്ല അവിടെ നോക്കി ഏഴാമത്തെ വാക്യം ആറാമത്തെ വാക്യം പതിനൊന്നാം മണി നേരത്തും ചെന്ന് മറ്റ് ചിലർ നിൽക്കുന്നത് കണ്ടിട്ട് നിങ്ങളിവിടെ പകൽ മുഴുവൻ മിനക്കെട്ട് നിൽക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു പതിനൊന്നാം മണിക്കൂർ ഒരു പന്ത്രണ്ടാം മണിക്കൂർ പണി ഒരു മണിക്കൂർ മുമ്പ് പതിനൊന്ന് മണിക്കൂർ വേല സമയം കഴിഞ്ഞ ശേഷം പതിനൊന്നാം മണിക്കൂറിലും വീണ്ടും യജമാനൻ അന്വേഷിച്ച് പോകുക ജോലിക്കാരെ തൻ്റെ കൃഷിത്തോട്ടത്തിലേക്ക് ആൾക്കാരെ അന്വേഷിച്ചു പോകുന്നു അവിടെ അവിടെയും ചെന്ന് പകൽ മുഴുവൻ മെനക്കെട്ട് നിന്നവരെ ജീവിതത്തിൻ്റെ പതിനൊന്നാം മണിവരെയും തങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ചു കളഞ്ഞവരെ വൃധാവാക്കിക്കളഞ്ഞവരെ തേടിയെത്തുന്ന യജമാനൻ അവിടെ അവിടെ യജമാനം പറയുന്ന നിങ്ങളും നിങ്ങളും ചെല്ലുവിൻ അവിടെ എന്തെങ്കിലും ഒരു കണ്ടീഷനുണ്ടോ ഒരു കണ്ടീഷനുണ്ടോ നിങ്ങളും ചെല്ലുവിൻ എന്നവരോട് പറഞ്ഞു അവരോട് അവർ എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഏഴാം അധ്യായത്തിൽ ഏഴാം വാക്യം പറയുന്നത് ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കാത്തത് ഞങ്ങളെ ആരും എന്താ അവർ പറഞ്ഞത് കത്താവേ ഞങ്ങൾ യൂസ്ലെസ്സാണ് ഞങ്ങളെ ആരും വിളിക്കുകയല്ല ഞങ്ങൾ പണി ചെയ്യാനുള്ള കഴിവൊന്നും ഞങ്ങൾക്കില്ല ഒരളവിൽ ഞങ്ങൾ നിസ്സഹായരാണ് ആരും ഞങ്ങളെ വിളിക്കാറില്ല പിന്നെ വിളിക്കാറില്ലാത്ത കൊണ്ട് ഞങ്ങളിങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഇപ്പോൾ വരെ അവരുടെ സത്യസന്ധതയ്ക്ക് മുമ്പിൽ ആരും ഞങ്ങളെ വിളിച്ചില്ല അവരുടെ നിസ്സഹായതയ്ക്ക് മുമ്പിൽ മനസ്സലിയുന്നൊരു യജമാൻ വീണ്ടും അവരെ തോട്ടത്തിലേക്ക് അയക്കുകയാണ് നമ്മൾ ഈ കൂട്ടങ്ങളിലാരാണ് അപ്പം ഇന്ന് നമ്മളെ തന്നെയും നോക്കാം നമ്മൾ തന്നെ നമ്മുടെ സത്യാന്വേഷണത്തിൻ്റെ അവസാനം സി എഫ് ഏതെങ്കിലും പുസ്തകം വായിച്ചു സാഹിബണ് സി ഡി കേട്ടിട്ടും ഇഷ്ടപ്പെട്ടു പലരും പറയു എനിക്കത് കേട്ടപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു എനിക്കത് ബോധ്യമായി അപ്പോൾ ഞാനിങ്ങുവന്നു അതാണോ യജമാനെ മാത്രം നോക്കി യജമാനെ നോക്കി ആ പതിനൊന്നാം മണിക്കൂറിൽ വരുന്നവൻ്റെ ഹൃദയത്തിൻ്റെ ഞാനങ്ങനെ ആലോചിക്കുന്നു പതിനൊന്നാം മണിക്കൂറിൽ വിടുന്നവന് എത്രമാത്രം ആ ഫീൽഡിലേക്ക് വന്ന് കയറുമ്പോൾ ആ കിഷിത്തോട്ടത്തിലേക്ക് വരുമ്പോൾ ലജ്ജയോടെ അവൻ കയറി വരിക അവനെന്നാണ് പറയാനുള്ളത് പതിനൊന്ന് മണിക്കൂർ വർക്ക് ചെയ്തവരുടെ അടുത്തേക്ക് പന്ത്രണ്ടാമനായിട്ട് അല്ല പന്ത്ര പതിനൊന്നാം മണിക്കൂർ കടന്നു വരുമ്പോൾ അവനാരെയാണ് കാണുന്നത് അവൾ യജമാനെ മാത്രമേ കണ്ടുള്ളൂ ചുറ്റുപാടും തന്നെ നിന്നിക്കുന്നവരെ എവിടെ ആയിരുന്നവരെ എന്താണ് ഈ സമയത്ത് അല്ലേ ഇങ്ങനെയൊക്കെ ചോദ്യം എന്താണ് എന്നാ വന്നതിൻ്റെ കാര്യം എന്നാ അവൻ തൂമ്പായൊക്കെ ആയിട്ട് വരിക ില്ല അവൻ കണ്ടില്ല അവൻ യജമാനെ കണ്ടു യജമാനൻ്റെ കരുണയും യജമാനിൻ്റെ വിശ്വസ്തതയും അവനൊന്നും പ്രതീക്ഷിച്ചല്ല അവരുന്ന് അവനൊന്നും പ്രതീക്ഷിച്ചില്ല അവനൊന്ന് പതിനൊന്നാം മണിക്കൂർ വരുന്നവൻ എന്ത് പ്രതീക്ഷിക്കാനാണ് പ്രിയപ്പെട്ടവരെ ഇതൊരു മനോഭാവമാണ് നാം ആരാ നാം ഈ പതിനൊന്നാം മണിക്കൂറിൽ വന്നവരാണോ അതോ വളരെ റെഡിയായിട്ട് ആറാം മണിക്കൂറിൽ ജോലി കയറിയാണോ കയറിയവരാണോ അവിടെയാണ് ആ പ്രതിഫലം നോക്കുക അവിടെ ആ ആദ്യം വന്നവരുടെ കാര്യം നോക്കി അവർ പതിനൊന്നാം അധ്യായം പതിനൊന്നാം ബാക്കി ഇങ്ങനെ പറയുന്നു ആ ഓരോ വെള്ളിക്കാശ് വാങ്ങിച്ചിട്ട് അവർ വീട്ടുടേവൻ്റെ നേരെ പെറുപെടുത്തു നമുക്ക് ദൈവസ്നേഹത്തെപ്പറ്റി ദൈവത്തിൻ്റെ വിളിയുടെ ശ്രേഷ്ഠതയും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും അറിയാതെ ദൈവത്തോട് പരാതി പറയുന്നവരാണോ നാം എൻ്റെ അവരുടെ മാർ ഈ പിമ്പന്മാർ ഒരു മണി നേരം മാത്രം വേല ചെയ്തിട്ടും ഞങ്ങളോട് സമന്മാരാക്കിയല്ലോ ഞങ്ങളോട് സമന്മാരാക്കാൻ പാടില്ല അവരൊക്കെ വന്നവരാ ഞാൻ മുപ്പത്തഞ്ച് വർഷം ഈ സഭ വിട്ടു പോകാതിരുന്നാൾ അല്ലെങ്കിൽ പത്ത് വശം ഈ സഭ വിട്ടിരുന്നു അല്ലെങ്കിൽ അഞ്ച് വശമായിട്ട് ഇതിങ്ങനെയൊക്കെയാണ് അവകാശവാദങ്ങൾ നമുക്കുള്ളപ്പോൾ യജമാനെ ദുഃഖിക്കുന്ന യജമാനെ ദുഃഖിക്കുന്ന സാഹചര്യങ്ങളാണത് പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും ഈ പതിനൊന്നാം മണിക്കൂറിൽ വേലയ്ക്ക് വന്ന ഈ നിസ്സഹായരായ മനുഷ്യർക്ക് തുല്യമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ ദൈവമത്തേക്ക് നോക്കാൻ പറ്റുമോ അങ്ങനെയുള്ളവനെ കഥാവിനെ സ്നേഹിക്കാൻ പറ്റൂ നമ്മുടെ യോഗ്യതയുമായിട്ട് ദൈവസന്നിധിയിലേക്ക് വന്നാൽ ഒന്നും പ്രതീക്ഷിക്കാതെ കത്താവേ ഒരർഹതയുമില്ലാതെ ലോകത്തിൻ്റെ നിന്നയായിട്ട് അല്ലെങ്കിൽ അതുപോലെ ഏറ്റവും നിലവാരം കുറഞ്ഞവനായിട്ട് ഞാൻ തള്ളപ്പെട്ടേണ്ടിരിക്കെ അങ്ങനെ സ്നേഹിച്ചു അങ്ങനെ അന്വേഷിച്ചു വന്നു പതിനൊന്നാം മണിക്കൂറിൽ ഒരു മനുഷ്യരും ചെയ്യുകയില്ലാത്ത മഹാദേടി വന്നു എനിക്ക് ആ നിത്യജീവൻ്റെ അവകാശം മറ്റുള്ളവരോടൊപ്പം എനിക്ക് തന്നു ഇന്ന് കേട്ട ദിവസത്തിന് മുമ്പിൽ ഞാൻ എന്നെ തന്നെ ആ നിലയിൽ സമർപ്പിക്കാൻ ആഗ്രഹിക്കുക കഥാവെ ഈ പതിനൊന്നാം എന്നെ വിളിച്ചത് എൻ്റെ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല എൻ്റെ മനോഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് ഈ മണിക്കൂറുകൾ കഥാവോട് കാണിച്ചിരിക്കുന്നത് എത്ര മനോഹരമായ ഒരു എന്നിട്ട് കഥാവ് ഇങ്ങനെ അവസാനിപ്പിക്കുന്നത് കഥാവ് പറഞ്ഞ മറുപടിയൊക്കെ നമുക്കറിയാം അവിടെ ഇങ്ങനെ പിമ്പന്മാർ മുമ്പന്മാരും മുൻപന്മാർ പിമ്പന്മാരുമാകുമെന്ന് പതിനാറാം വാക്ക് ഇതിൽ വായിക്കുന്നു ഇങ്ങനെ ഈ ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം എങ്ങനെ ഈ മമ്മന്മാർ പിമ്മന്മാരായത് അവരുവല്ലോ വലിയ കോഴ പാപമൊന്നും ചെയ്തിട്ടില്ല കർത്താവിൻ്റെ സ്നേഹത്തെപ്പറ്റി വ്യക്തതയില്ലാതെ ആ ഭാഗം മറിഞ്ഞു കഴിഞ്ഞാൽ നാം ആരെ സ്നേഹിക്കുക നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കും അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായ ദൈവത്തിൻ്റെ സ്നേഹത്തെ കാണാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ നാം ഈ നിലയിൽ പിമ്പന്മാരായി പോകുവാനുള്ള അപകടം ഇന്ന് ദൈവാത്മാവ് നമ്മളി ഓർപ്പിക്കുമ്പോൾ നമുക്ക് താഴ്മയോടെ കഥാവിനുമ്പോൾ ആയിരിക്കാം ചേർന്ന് പറയാം കഥാവേ ഇന്ന് കേൾപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് വേണ്ടി മുപ്പത്തിമൂന്നര വർഷം ഇവിടെ ജീവിച്ചു ഞങ്ങൾക്ക് വേണ്ടി പാടുപേടുകളേറ്റത് കുടിശിൽ മാത്രമല്ല കഷ്ടത മുഴുവൻ മുപ്പത്തിമൂന്നര വർഷ മുഴുവൻ സമയങ്ങളിലും ഞങ്ങൾക്ക് വേണ്ടി വേദന അനുഭവിച്ചു എന്തിനാ ആറാം മണിക്കുള്ളിലും ഒമ്പതാം മണിക്കൂറിലും പന്ത്രണ്ടാം മണിക്കൂറിലും മൂന്നാം മണിക്കൂറിലും ഒമ്പതാം മണിക്കൂറിലും പതിനൊന്നാം മണിക്കുള്ളിലും ഞങ്ങളുടെ അടുത്ത് നേടിയെടുക്കാനായിട്ട് ഞങ്ങൾ കർത്താവെ ആ മുമ്പനാകാനല്ല കർത്താവേ പതിനൊന്നാം മണിക്കുള്ളിലെ അർഹതയില്ലാത്തവരായിട്ട് യാതൊരു ഡിമാൻഡ്സും ഇല്ലാതായിട്ട് നാളെ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട് ചില ജീവിതത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ചില സഹോദരിമാരൊക്കെ തങ്ങളുടെ ഭർത്താക്കന്മാരൊക്കെ നീങ്ങപ്പെട്ടും എത്രമാത്രം ബോധ്യത്തോടെ എത്രമാത്രം പ്രത്യാശയോടെ ആ ദൈവ സ്നേഹത്തെപ്പറ്റി ഉറപ്പുള്ളവരായി ദൈവം നിർത്തിയിരിക്കുന്നു ഞാൻ അങ്ങനെ സഭയ്ക്കാൻ ദൈവത്തിൽ നന്ദി പറയാണ് എത്രമാത്രം ഉറച്ച ബോധ്യം അവിടെ പരാതിയില്ല മുറുമുറുപ്പില്ല വെയിലിൻ്റെ കഷ്ടപ്പാട് സഹിച്ചതിൻ്റെ കണക്കില്ല ഈ നാടുകൾ ചെറുപ്പക്കാരെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഈ നിലയിലുള്ള കഷ്ടതകളും വെയിലും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാലും നമുക്ക് കണക്ക് പറയാനൊന്നുമില്ല ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ ആശം ഒരു മനുഷ്യനും മനുഷ്യ ഹൃദയത്തിനും ചിന്തിക്കാൻ ഒന്നിനപ്പുറത്താണ് ഇന്ന് സത് ഒത്തിരി പല പ്രായ ലഹരി വളരെ വളരെ പല കാര്യങ്ങൾ കാണിച്ചു തന്നു പക്ഷേ ഇവയ്ക്കെല്ലാം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് തരുന്ന ബോധ്യത്തിനും ഒപ്പിച്ച് നമുക്ക് ഈ കാര്യങ്ങൾ കാണാൻ പറ്റുമ്പോൾ നമുക്കൊരു കുഞ്ഞിനെ പോലെ കത്താവിൻ്റെ അടുത്ത് നിൽക്കാൻ കത്താവേ ഞങ്ങൾക്കെന്നും യോഗ്യതയൊന്നും ഉണ്ടാവല്ലേ ഞങ്ങളുടെ മുമ്പിൽ അങ്ങ് മാത്രം മതി അങ്ങ് മാത്രം മതി ആ ആസാഫിൻ്റെ സങ്കീർത്തനം പോലെ സ്വർഗത്തിലെനിക്കാരുള്ളൂ ഭൂമിയിലും അങ്ങേ അല്ലാതെ മറ്റൊന്നും ഞാൻ കാക്ഷിക്കുന്നില്ല ഇത് പറയാൻ പറ്റുമോ നമ്മൾ ചിലപ്പോൾ വാഗോണി ഞാൻ തന്നെ ഇത് സംഗീതത്തിൽ വായിച്ചിട്ട് പറയും ഇത് നിനക്കെന്ന യോഗ്യത ഇത് പറയാം കത്താവിൻ്റെ സ്നേഹത്തെ ആ നിലയിൽ അനുഭവിക്കുന്ന ഒരുവനായിട്ട് പാപത്തെ നീ സ്വാഭാവികമായിട്ട് വെറുക്കും നീ അതിനായിട്ട് മല്ലുപിടിക്കണ്ട ദൈവം നിനക്ക് വേണ്ടി ചെയ്തത് കർത്താവ് നിനക്ക് വേണ്ടി ചെയ്തതിൻ്റെ സ്നേഹത്തിൻ്റെ വിലയറിയുമ്പോൾ നാം പാപത്തെ വെറുത്തുപേക്ഷിക്കും എനിക്ക് ഞാൻ ആ നിലയിൽ കർത്താവിനോട് സംസാരിച്ച കാര്യമാണ് പറഞ്ഞത് അതുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ ലളിത ഹൃദയത്തോടെ നമുക്കായിരിക്കാം കർത്താവേ കത്താവ് ഈ പതിനൊന്നാം മണിക്കൂറിലെ അങ്ങ് സ്നേഹിച്ച മകനായിട്ട് അവിടെ എന്താണ് പ്രയോറിറ്റി കത്താവൻ്റെ പ്രയോറിറ്റി അവനാ ആദ്യം വിളിച്ചു കൊടുത്ത അവനാ ദൈവത്തിൻ്റെ പ്രയോറിറ്റി അങ്ങനെയാണ് മനുഷ്യൻ്റെ ജ്ഞാനം പോലെയല്ല ദൈവത്തിൻ്റെ ജ്ഞാനം മനുഷ്യൻ്റെ ചിന്ത പോലെയല്ല ദൈവത്തിൻ്റെ ചിന്ത ഭൂമിയിൽ നിന്ന് ആകാശം എത്രമാത്രം ഉന്നതമാണോ അത്രമാത്രം ഉന്നതമാണ് ചിന്തകളും ദൈവത്തിൻ്റെ വിചാരങ്ങളും എന്ന് വചനത്തിൽ വായിക്കുന്നു നമുക്ക് ഈ ദൈവത്തിൻ്റെ സമ്പൂണ്ണ ജ്ഞാനത്തിലേക്ക് സമ്പൂർണ്ണമായിട്ട് നമുക്ക് കിഴറങ്ങാൻ പ്രിയപ്പെട്ടവരെ പതിനൊന്നാം മണിക്കൂർ വന്നവരായിട്ട് നമുക്ക് ഓടീരിക്കാം എല്ലാവരും എല്ലാവരും അപ്പോൾ പരസ്പരം പെറുപുറപ്പില്ല നമുക്കൊരാളെ പറ്റി വിധിക്കുകയില്ല നമുക്ക് വിധിക്കാൻ നമ്മുടെ നാവ് ഉയരുകയില്ല കാരണം പതിനൊന്നാം മണിക്കൂറിൽ വന്നവനെങ്ങനെ വിധിക്കാൻ പറ്റും അവരങ്ങനെ പുറകോട്ട് നോക്കിയിട്ട് നീ ആറാം മണിക്കൂർ വന്നവൻ ആ എന്ന് പറയാൻ പറ്റുമോ ഇന്ന് നമ്മുടെ ഹൃദയങ്ങളെ ദൈവം ആ ഉടക്കട്ടെ ദൈവത്തിന് നന്ദി